സുലൈമാൻ അലിഹിസ്സലാം ദാവൂദ് അലിഹിസ്സലാമിനെ പിന്തുടർന്നു അദ്ദേഹം പറഞ്ഞു ഓ മനുഷ്യരെ പക്ഷികളുടെ ഭാഷ ഞങ്ങൾക്ക് പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ഇത് വ്യക്തമായ അനുഗ്രഹമാകുന്നു